ഞങ്ങളുടെ രക്ഷിതാവേ നീ അവർക്ക് വാഗ്ദാനം ചെയ്ത ശാശ്വത സ്വർഗ്ഗത്തോപ്പുകളിൽ അവരെ പ്രവേശിപ്പിക്കണമേ അവരുടെ പിതാക്കളിലും പങ്കാളികളിലും സന്തതികളിൽ നിന്നും കൂടെ പ്രവേശിപ്പിക്കണമേ തീർച്ചയായും നീയാണ് പ്രതാപശാലിയും യുക്തിമാലുമായവൻ